രാത്രിയുടെ സമയങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചും നിന്നു പ്രാർത്ഥിച്ചും പരലോകത്തെ ഭയപ്പെട്ടും തൻറെ രക്ഷിതാവിൻറെ കാരുണ്യം പ്രതീക്ഷിച്ചും വിനീതനായിരിക്കുന്നവനാണോ മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠൻ പറയുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ ബുദ്ധിമാന്മാർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ